പൂർ ചേ ഘനതാ അഭ്യാസ പഠിഷ്യേത താസമേ ഭ പൂ അഭ്യസംവാസം ഘനതാ ചേമ്യ താത സമീപ കുടിവാസം ചോദിച്ചു മുമ്പ് അവിടെ മുമ്പെന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പൂർവ്വജന്മങ്ങളുടെ ആൾക്കാര് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് പറയും കുഞ്ഞെ സംബന്ധിക്കുന്നു രാമൻ അവതാരം അവനെയെന്ന് തന്നെ പറയും അവതാരം ആണെങ്കിൽ പിന്നെ അവിടെ പൂർവ്വജന്മങ്ങളിൽ മനുഷ്യന് എന്നാലും പൂർവജന്മങ്ങളിൽ ണി പറഞ്ഞു വാസന ഘനത ഞാൻ വാസന വൃദ്ധിയെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അശുഭവാസന വൃദ്ധയിൽ പ്രാപിച്ച ദോഷം ഇവിടെ പ്രധാനമായിട്ടും അതാണ് അതാണ് താല്പര്യം കാലം നേരത്തെ പറഞ്ഞ ശുഭവാസന നല്ലതാണ് അശുഭവാസന വൃത്തിയെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇതാനുമൊക്കെ എന്ന് പ്രതീക്ഷിക്കുകയും ഈ ജന്മത്തിലും അശുഭവാസന വൃത്തിയെ പ്രാപിക്കത്തില്ല എന്തുകൊണ്ട് അശുഭവാസന പൂർവജന്മങ്ങളിൽ വൃദ്ധിയെ പ്രാപിക്കുന്നില്ലെങ്കിൽ ഈ ജന്മത്തിലും അശുഭവാസന വർദ്ധിക്കത്തില്ല എന്നുകൊണ്ട് കാരണം അശുഭവാസനയാണ് പൂർവ്വജന്മങ്ങൾ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ജന്മത്തിലെ പ്രവൃത്തികൾ അശുഭവാസനയ്ക്കനുസരിച്ച് അപ്പൊ അത് നേരത്തെ പറഞ്ഞ ശുഭാഭ്യാസമായിരിക്കും വീണ്ടും നമ്മൾ അശുഭാഭ്യാസങ്ങൾ അപ്പൊ വീണ്ടും പ്രതിയെ പ്രാപിക്കും അതേ അശുഭവാസ അതാണ് ദോഷം നമ്മുടെ ഈ പദ്യത്തിൽ അശുഭവാസകുന്ന് പറയുന്നത് പക്ഷെ അടുത്ത പദ്യത്തിൽ നിന്ന് മനസ്സിലാക്കും മൊത്തം രീതിയിലും രീതിയുണ്ട് പല പദ്യങ്ങളിലും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അടുത്തൊക്കെ വായിച്ചു നോക്കി തന്നെ മനസ്സിലാക്കും വ്യാഖ്യാനത്തിലും പറയും അപ്പൊ പൂർവ്വജന്മങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന അശുഭവാസനയാണെങ്കിൽ ഈ ജന്മത്തിൽ മനുഷ്യൻ ദുഷ്പ്രവർത്തിച്ചു വീണ്ടും കുഴപ്പത്തിലേക്കും അല്ല ഒരുവൻ്റെ സംസ്കാരം അങ്ങനെയുള്ള ഒന്നല്ലെങ്കിൽ വാസന എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്നുള്ളതനുസരിച്ചിരിക്കുമ്പോൾ അതെന്തായാലും ശരി അതിലെങ്ങനെ മനസ്സിലാക്കി ആ ശബ്ദത്തിലോ എന്റെ അർത്ഥത്തിലോ നമ്മളിൽ എന്താണ് സംഭവിച്ചത് എന്തായാലും നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും ദുഷിച്ച പ്രവർത്തിയാനുള്ള പ്രവണതയുണ്ടാവും ആ ബാലോത്ത് വേണ്ട മനുഷ്യർ അത് ദുഷ്പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആൾക്കാർ പറയുക എന്താ പറയുക ദുർവാസന നല്ല പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ആൾക്കാർ പറയുക അതിന് സദ്വാസന ഇത്രയുള്ള വ്യത്യാസം അതിന്റെ കാര്യം കുറവുള്ളത് ദുർവാസനയിൽ നിന്ന് ഈ ജന്മത്തിലും ദുഷ്പ്രവൃത്തികളെയും ചെയ്തോണ്ടിരിക്കുന്നു അത് കൂടിക്കൊണ്ടിരിക്കും അല്ല അതില്ല എന്നുള്ളത് അത് ചെയ്യത്തില്ല ഇതാണ് വർദ്ധിഷേ ആ ദുർവാസനങ്ങളൊന്നും വർദ്ധിക്കത്തില്ല സദ്വാസനയെ സംബന്ധിച്ചു ലോകലോകത്താണ് ചേട്ടൻ നല്ല പ്രവൃത്തി ചെയ്യുന്നു മോശം പ്രവൃത്തി അവിടെയും വിജയം നേടും അതുകൊണ്ട് എന്ത് പറയുന്നു ദുർവാസന മൂന്നിൽ ഇല്ലെങ്കിൽ പൂർവങ്ങളെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ സത്പ്രവൃത്തിനെയും സുഭവാസനയായി താതസ്വന്ദി ഭഗവാൻ ആത്യന്തികമായി ഇത് മുക്തിയെ പ്രാപിക്കുക അപ്പോ മുക്തിയിലേക്ക് നയിക്കുന്നതിന് വാസനയ്ക്കൊരു പ്രധാനമായ സ്ഥാനമുണ്ടാണെ പറയുക പക്ഷേ എന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് ദുർവാസനയാണോ സദ്വാസനയാണോ ഇതൊക്കെ എങ്ങനെയായിരിക്കും അതും അനേക കോടി ജന്മങ്ങൾ കഴിഞ്ഞു എന്നുള്ള നമ്മുടെ സിദ്ധാന്തം എത്രമാത്രം ദുർവാസനയുണ്ട് എത്രമാത്രം സദ്വാസനയുണ്ട് അതൊന്നും മനുഷ്യന് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല കർമ്മത്തെ സംബന്ധിച്ച് പ്രവൃത്തികളെ സംബന്ധിച്ച് തന്നെ ഞാൻ നാളെ നല്ല പ്രവൃത്തിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നാളെ ചെയ്യുന്ന പ്രവൃത്തി അത് നല്ലത് തന്നെ ആയിരിക്കുമോ കാര്യത്തിലുള്ള തന്നെ മനുഷ്യന് സംശയമുണ്ടോ ചെയ്യുന്ന ഒരു പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ അതുപോലും പലപ്പോഴും തീരുമാനിക്കില്ലേ അതടുത്ത് പറയുന്നത് സന്ദിഗ്ധായം ശുഭാവേവ സമാധാനവും വാസനാമൃദ്ധവും ശുഭവസ്ഥ സന്ദഗ്ധുഭമേവ ഭൃശം സമാ അയാം വാസനാവൃദ്ധുഭന ദോഷ ഇനി എന്റെ വാസനയെക്കുറിച്ചും നിന്റെ പ്രവൃത്തിയെക്കുറിച്ചും നിനക്ക് ധാരണയില്ല സംശയങ്ങളുണ്ടെങ്കിലും എന്നിട്ടിരിക്കുന്ന നല്ല വാസന പലരും ചോദ്യം അവനവന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ മറ്റുള്ളവരുടെ ചോദ്യം എന്താണ് ഞാൻ ശരിയാകുമോ ഞാൻ നന്നാവുമോ എനിക്കൊരു സദ്ഗതി ഉണ്ടാകുമോ പലരും ചോദിക്കാറുണ്ട് എന്താ ചോദ്യത്തിന്റെ അർത്ഥം എന്നിലിരിക്കുന്ന നല്ല വാസനയാണ് ചീത്ത വാസനയാണ് എന്റെ പ്രവൃത്തികൾ നല്ലതാണോ മോശമാണോ ഇതിലും മനുഷ്യനും സംശയമുണ്ടാകും മിക്കവാറും സംശയം ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് സംശയിക്കുന്നത് ഞാൻ രക്ഷപ്പെടുമോ ആധ്യാത്മികമായി ജീവിക്കുന്നവരും യും കാലങ്ങൾ ആത്മീയമായി ജീവിച്ചു പക്ഷെ എനിക്ക് എന്ത് ഭാവിയുണ്ടോ എന്ന് ചോദിക്കുന്ന എത്രയോ പേരുണ്ട് ഞാൻ ഒരിടത്ത് എത്തിയിരുന്ന ഞാനും ആരും ഒന്നും ആയില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതാണ് സന്ദേഹം അതവന്റെ വാസനയിൽ നിന്നും അവന്റെ പ്രവൃത്തിയിൽ നിന്നുമുള്ള സന്ദേഹമാണ് ഒരു മനസ്സിന്റെ സവിശേഷമാണ് ചെല്ലം മനസ്സിൽ അങ്ങനെ എപ്പോഴും സന്ദേഹം നിറഞ്ഞ ഉറപ്പെന്ന് പറയുന്ന ഒരു കാര്യമൊന്നും നടക്കുന്നത് ഒരു വിഷയത്തിൽ നമുക്ക് ഒരു ഉറപ്പുണ്ട് എല്ലാം സംശയിച്ചുകൊണ്ടേ എന്ത് കേട്ടാലും സംശയം എന്ത് പ്രവർത്തിച്ചാലും സംശയം എല്ലാവരെയും സംശയം തന്നെയും സംശയം സന്ധിഗായമപി പറയും ശുഭമേവസന ദർശം സമാന ഈ ശുഭ നേരത്തെ പറഞ്ഞാൽ ശുഭാഭ്യാസം അതിൽ ചെയ്യുക നല്ല പ്രവൃത്തികൾ തന്നെ മനസ്സിലാക്കി ചെയ്യുക നല്ല പ്രവൃത്തി മനസ്സിലാകുന്നില്ലെങ്കിലും നല്ല പ്രവൃത്തി നല്ലതും ചെയ്യുകയും തിരിച്ചറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് നല്ലതെന്തെന്ന് മനസ്സിലാക്കി അത് ചെയ്യുക സ്വയം തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതേ ഉള്ള പരിപാടി ചെയ്യുക ഈ ചോദിച്ചു ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിവേകശൂന്യമായ സന്ദിഗമായ മനസ്സുള്ളവരുടെ അവസാനത്തെ ആശ്രയങ്ങളാണ് കാരണം അവരുടെ ജീവിതം തന്നെ ചെയ്യണം ചെയ്യേണ്ടെന്നറിഞ്ഞിട്ടില്ല സംശയം തന്നെയാണ് ഇപ്പൊ എന്ത് ചെയ്യണം അറിവുള്ളവരോടൊപ്പം ചോദിക്കും എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചിട്ടാണല്ലോ ചെയ്തത് ശരിയായി അങ്ങനെയുള്ള മനുഷ്യർക്ക് സമൂഹത്തില് സ്വന്തം വ്യക്തിത്വത്തിൽ കുറച്ചു നിന്നും ജീവിക്കാൻ പറ്റില്ല സന്ദേഹം സംശയാത്മാ എന്ന് പറയുന്ന മാത്രം ആൾക്കാർ അപ്പോ എപ്പോഴും അവർക്ക് അറിവുള്ള ഒരാളെ ചേർന്ന് നിന്ന് അവരുടെ ഉപദേശങ്ങൾ കേട്ട് അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനേ കഴിയും അവരുടെ ബ്രെയിനിന്റെ മനസ്സിലും അതിന്റെ ദോഷമൊന്നുമില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരാൾക്ക് സ്വയം ചിന്തിക്കാനും സ്വയം തീരുമാനമെടുക്കാനും കഴിവില്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിവുള്ളവരോട് ചോദിച്ചതെങ്കിലും ചെയ്യും ജീവിതകാലം അങ്ങനെ തന്നെ പോകും അപ്പൊ ശുഭാമേവ സമാചര എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി തന്നെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഴപ്പമുള്ളവനങ്ങനെ നല്ല പ്രവൃത്തി തിരിച്ചറിയും ചോദിച്ച് ചെയ്യുക ഒരേ ഒരു വഴിയും അതാണ് പറയുന്നത് സന്ദിഗ്ധായ സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നല്ലതെന്ന് പ്രവർത്തിക്കുക എങ്ങനെ പ്രവർത്തിക്കുക സന്ദേഹമൊന്നും അറിവുള്ളവർ ചോദിച്ചു പ്രവർത്തിക്കുക അസ്യാം വാസന അങ്ങനെ ശുഭവാസന വർദ്ധിച്ചു കഴിഞ്ഞാൽ ശുഭ ആ ശുഭവാസന കൊണ്ട് അച്ഛന ദോഷം അല്ലവന് ദോഷമൊന്നും അവൻ ഭയക്കുന്ന എന്താണ് എന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം വരുമോ ഒരുപക്ഷെ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന എന്താണ് അവർ പ്രവർത്തിച്ച ഈ പ്രവൃത്തി ശുഭമാണോ അതുകൊണ്ട് എനിക്ക് ഈ ശുഭവാസികൾ ഉണ്ടാകും അങ്ങനെയെന്നുള്ള കാര്യമായിരിക്കില്ല അവൻ ചിന്തിക്കുന്ന ഈ പ്രവൃത്തി ചെയ്ത് ഗുണമായിട്ട് വരും ദോഷമായിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമോ അബദ്ധം പറ്റുമോ ഇങ്ങനെയായിരിക്കും എന്നാൽ വാസനയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നുണ്ടോ പക്ഷെ വാസനയെ തീരുമാനിക്കുന്ന കാര്യമാണ് ഒരു പ്രവൃത്തിയെ നമുക്ക് ഇതെങ്ങനെ ഇതിന്റെ ഫലമുണ്ടോ ഗുണമാണോ മോഷമാണോ ജയിക്കുമോ പരാജയപ്പെടുമോ ഒരു നിശ്ചയമുണ്ട് അവിടെ അനിശ്ചിത സ്വഭാവമാണ് പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം എന്താണ് അങ്ങനെ ഒരു മനസ്സിന് അനിശ്ചിതമായ സ്വഭാവം നിങ്ങൾ അറിവുള്ളവരുടെ ചോദിക്കാം അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യാവൂ ആരോട് ചോദിക്കാൻ പാടില്ല ജ്യോത്സ്യനോട് ചോദിക്കരുത് മനസ്സിലായോ ഇത്തരം മനസ്സിലുള്ളവരാണ് ഈ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നത് ഏത് കാര്യത്തിനും ജോത്സ്യനെ കണ്ട് ജോത്സിനെ കണ്ടിട്ട് തീരുമാനിക്കും ദിവസം കൗഡി നിരത്തിയിട്ടോ ഗ്രഹനില നോക്കിയിട്ടോ ഒക്കെയാണ് പറയുന്നതെന്ന് അതൊക്കെ കൊട്ടക്കണ്ണം മാങ്ങി എറിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും കാരണം കപടശാസ്ത്രമാണ് അത് ശരിയാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ബുദ്ധിമാന്മാരായ ദിവസന്മാരാണ് അങ്ങനെയും ചിലതായി ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കയ്യിൽ കബഡി കാണും ഗ്രഹനില കാണും എല്ലാം കാണും പക്ഷേ നിങ്ങളെയൊന്ന് ചോദ്യം ചോദിച്ചാൽ അവരുപയോഗിക്കുന്നത് സൈക്കോളജിയും കോമൺ സെൻസും ഇതൊക്കെ ഉപയോഗിച്ച് മറുപടി പറയുന്നു മിടുക്കന്മാരായ ജോസ്യന്മാർ പുതിയ തലമുറയിൽ അവര് ഈ അവർ കൈവരിക്കുന്ന ഈ സാധനങ്ങളൊന്നും അവർക്ക് വിശ്വാസമില്ല അവർക്കറിയുകൊന്നും നടത്തിയില്ല പക്ഷെ ഈ പറഞ്ഞ ഈ കൺഫ്യൂഷനിലും മനുഷ്യർ ഇവരടുത്ത് ചെല്ലുമെന്നും അറിയാം അപ്പോ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും അവരവരുടെ കോമൺ സെൻസും ശാസ്ത്രീയവുമായി അറിവ് വച്ചിട്ട് ജ്യോത്സ്യമെന്നുള്ള മറവിൽ അവരൊരു ഉപദേശിച്ചു അത് ദോഷം തരത്തില്ല അത് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ജ്യോത്സ്യന്മാർ ഇന്നുണ്ട് അവർക്ക് ഈ പറയുന്ന ശാസ്ത്രത്തിനൊന്നും വിശ്വാസമുള്ളവരുണ്ട് അവരത് ഉപയോഗിക്കാറില്ല ഇന്ന് ചെല്ലുന്നവനെ ബോധിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ വരച്ചപ്പോൾ കാണിക്കും പറയും മിടുക്കന്മാർ എല്ലാം മാറുകയായിരുന്നു ജ്യോത്സ്യം മാറും മിടുക്കന്മാരായ ജ്യോത്സ്യന്മാരും എന്നാൽ പഴയ ജീവിപ്പോ ചാരമൊക്കെ പറഞ്ഞിരുന്നു അവരെ അടുത്ത് പോയാൽ പോക്കാണ് അവര് വേറെ ഏതോ ലോകത്താണ് അവരും ജീവിതത്തിൽ കൺഫ്യൂഷൻ ആയതാണ് അറിവുള്ളവരടുത്ത് ചോദിക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർ ഇപ്പോഴത്തും പോയി ചോളി ദോഷങ്ങൾ വിചാരിച്ച ദോഷ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല അത് തട്ടിപ്പാണെന്ന് അറിയാവുന്നതുകൊണ്ട് പക്ഷെ മിടുക്കന്മാരും എവിടെ ഉണ്ടെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ഏതും കായംകുളം കൊച്ചങ്ക ഒരു കള്ളനാണ് പക്ഷെ അയാളെ ബഹുമാനിക്കാത്ത ഒരു മനുഷ്യനാണ് എല്ലാവർക്കും അയാളോട് ബഹുമാന ഇല്ല അതുകൊണ്ടായാലും മിടുക്കനായ അതുകൊണ്ട് എന്താണ് ശുഭാ ദോഷോ കസ്ത സപ്രവൃത്തികളിൽ നിന്ന് ഒരു ദോഷമുണ്ടാകുന്നു നല്ല പ്രവൃത്തി ചെയ്യുക ഏറ്റവും നല്ല ഉപദേശമാണ് മനുഷ്യനോട് നല്ല പ്രവൃത്തിയിൽ അറിയുന്നില്ല രോഗം ചോദിച്ചിട്ട് നല്ല പ്രവൃത്തി എടുത്തിട്ടുണ്ട് അവനും നല്ലതാണ് സമൂഹത്തിനും നല്ലതാണ് അവന്റെ വാസനാവൃദ്ധി എല്ലാത്തിനും നല്ലത് അഭ്യസതയോകെ തന്മയേനെയോ ഭൂയലേ യാകുമാരം പ്രാജ്ഞേഷം ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് അഭ്യസതയോ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ എന്താണോ ശീലിക്കുന്നത് അഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നാലും അഭ്യാസ യുദ്ധത്തിന് എപ്പോഴുള്ളത് ആവർത്തനമൊന്നും അഭ്യസിക്കുന്ന വെച്ച് ആവർത്തിക്കുക വേദാഭ്യാസം ശാസ്ത്രാഭ്യാസം എന്നൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതല്ല പ്രവർത്തിയാ നിരന്തരം ആവർത്തിക്കുക എന്നുള്ള ഒരാൾ എന്താണ് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തന്മയയിലെ ഭൂയതെ അവൻ തന്മയനായിത്തീരുന്നു എന്നുവെച്ചാൽ ഇവിടുത്തെ ഭാഷയെപ്പോൾ ഞാൻ അവൻ എന്ത് ചെയ്യുന്നു അതിന്റെ വാസന ഉണ്ടാവുന്നു അതിന്റെ സീനം ഉണ്ടാകുന്നു ഈ പറയുന്നതൊക്കെ നിരന്തരം കേട്ട് കേട്ട് കേട്ട് നിരന്തരം കേൾക്കാൻ പറഞ്ഞ അഭ്യാസമാണ് നമുക്ക് അതിൻ്റെ ഒരു സംസ്കാരമുണ്ട് വാസനയുണ്ട് ഒരു ശീലമുണ്ട് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ആ കുമാരം പ്രാജ്ഞേഷ ചെറിയ കുട്ടികളും തുടങ്ങി വലിയ ജ്ഞാനികൾ ദുഷ്ടം സന്ദേഹവർജിതം ഇത് കാണുന്നുണ്ട് യാതൊരു സംശയത്തിൽ സന്ദേഹവർജിതം ദൃഷ്ടം ഒരു സന്ദേഹവും വേണ്ടാത്ത എന്താണ് നമ്മളെ ശീലിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശീതം എന്ത് ചെയ്യുന്നു അഭ്യാസം അഭ്യാസം നമുക്ക് ആ അതുകൊണ്ടാണ് ഈ വാസനയിലൊരു പ്രതീക്ഷ നല്ല പ്രവൃത്തി നമ്മൾ ശീലിച്ചുകൊണ്ടിരുന്ന മോഷണം നടത്തുന്നവന് അതൊരു ശീലമായി കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് നിന്നും മാറാൻ പറ്റി അവനെ പിടിച്ച് ചേരി കൊണ്ടിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും അത് മോഷിക്കാൻ പറ്റും ഒരാൾ യാദർച്ഛികമായിട്ടാണ് ഒരു മോഷണം നടത്തുന്നത് അയാൾ അതിൽ നിന്ന് മാറ്റാൻ പറ്റും അയാളെ ശരിക്കൊരു ബോധവൽക്കരണം നടത്തുകയും അയാൾക്ക് മോഷണം നടത്താതെ ജീവിക്കാവുന്ന ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അയാൾ മോഷണത്തിൽ നിന്ന് മാറും നമ്മളീ പറയുന്ന കഴിഞ്ഞ ജന്മത്തിലെ അഭ്യാസമാണെങ്കിലും എല്ലാത്തിനും കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും അയാൾ പറയുന്നു എന്താണ് ജന്മത്തിലെ യാദർച്ഛികമായി മോഷണം നടത്തുമെന്നുള്ളതാണ് എന്തുകൊണ്ട് പാടില്ല കഴിഞ്ഞ ജന്മത്തിലെ യാദർച്ഛികമായി മോഷണം നടത്തി ഇത്രയല്ലേ അതെന്തുകൊണ്ട് സംഭവിച്ച അതിൻ്റെ മുമ്പ് ജന്മത്തിൽ എന്ത് ചെയ്തു യാദർച്ഛികമായൊരു മോഷണം നടത്തി അത് ഞാൻ തുടർന്നുകൊണ്ടേ ഇപ്പൊ പൂർവ്വജന്മങ്ങളിൽ നിന്നൊന്ന് നമ്മൾ സമാധാനം കണ്ടെത്തുകയാണെങ്കിൽ ഈ ജന്മത്തിൽ എന്ത് സംഭവിക്കുന്നു അതിന്റെ ഒരു കോപ്പി പൂർവ്വജന്മത്തിൽ പേസ്റ്റ് ചെയ്ത ഇത്രയുള്ളൂ അപ്പൊ പൂർവ്വജന്മത്തിന് യാദർശ്യമാണ് ഇമോഷൻ ഈ ജന്മത്തിൽ യാദർച്ഛമാണ് അതിനാരും കറക്റ്റ് ചെയ്യുന്നുണ്ട് അത് ഈ ജന്മത്തിലൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഇവിടെ ഒരുപാട് പറഞ്ഞല്ലോ പൗരുഷത്തെക്കുറിച്ച് പുരുഷ പ്രയത്നത്തെ അപ്പോ അതാണ് അഡാപ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു പരിണാമത്തിന്റെ അടിസ്ഥാനം ഈ ചോദ്യത്തിൽ നിന്ന് നമ്മള് എന്താണ് എപ്പോഴും കോപ്പി പേസ്റ്റ് അങ്ങനെ ഉണ്ടാകുന്നത് മറിച്ച് ഈ ജീവന്റെ സർവൈവലിന് വേണ്ടി നമ്മളെപ്പോഴും മാറിക്കൊണ്ടേ എപ്പോഴും മാറിക്കൊണ്ടേ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്രോ എവലൂഷനും മാക്രോ എവലൂഷനും രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ ജീനുകളിൽ പരിവർത്തനം വന്നുകൊണ്ടേ അസമയം ഈ ജീവി വർഗങ്ങളിലും അതുപോലെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവികളിൽ വരുന്ന പരിവർത്തനത്തിനാണ് മൈക്രോ എവലുവേഷൻ പോലും ജീവി വർഗങ്ങളിൽ അതുപോലെ പരിവർത്തനം മാക്രോ എവലുവേഷൻ പോലും അത് ജീവി വർഗങ്ങളുടെ പരിവർത്തനം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടേ അനുഭവപ്പെടും കാര്യമായ വ്യത്യാസം മറ്റതങ്ങനെയല്ല സംഭവിക്കാം അതാണ് കൊറോണയൊക്കെ നമ്മൾ മുമ്പിൽ വന്നത് അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും മൈക്രോ മ്യൂട്രേഷൻ സംഭവിച്ചിരുന്നു അപ്പൊ ഈ പൂർവ്വജന്മം എന്നുള്ളതൊക്കെ ഒന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം പാരമ്പര്യമായി എന്ത് വരുന്നു നമ്മൾ എറണാകുളം സംഭവിച്ചുകൊണ്ടേ അതാണ് ഈ അടുത്ത കാലത്ത് ഒരു പഠനം ഒന്നാണ് ഹിമാലയത്തിൽ താമസിക്കുന്നവർക്കാർ പ്രത്യേകിച്ച് തിബത്തിൽ അവിടെ അവരിൽ വന്ന അഡാപ്റ്റേഷൻ പരിണാമത്തിൻ്റെ ഒരു പ്രധാനമായ ഭാഗമാണ് അഡാപ്റ്റേഷൻ ഇതാണ് ഹൈ ആട്ടിട്യൂഡിൽ അവർക്ക് വളരെ സ്വാഭാവികമായി അവർ വിജയിക്കും ഒരു പ്രശ്നം നമ്മളവിടേക്കൊക്കെ പോയി നോക്കുമ്പോഴേ എന്റെ പ്രയാസം മനസ്സിലാവും ഞാൻ ഈ കൈലാസയാത്ര നടത്തുന്നതിന് മുമ്പ് എനിക്കതിനെ കുറിച്ചൊരു ചെറിയ ബോധമുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ജെംസി പോയിട്ട് ഒരു ടെസ്റ്റ് കിടന്നു കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല കുറഞ്ഞ് അപ്പോൾ നമ്മുടെ ശ്വാസകോശ ശരിക്കും പ്രവർത്തിക്കുന്നു അതിനൊരു ടെസ്റ്റ് ഉണ്ടവിടെ ഞാൻ അവിടെ പോയി ടെസ്റ്റ് കണ്ടിപ്പോ എന്താണോ എന്റെ ഈ പമ്പിന് ശക്തി വളരെ കുറവാണ് സാറിന് വേണ്ടേ എന്റെ പകുതിയേ ഒന്ന് പ്രായം ഞാനൊരു പത്ത് കൊല്ലം മുമ്പ് പോയത് എന്നുവെച്ചാൽ ഒരുപത്തറുപത് വയസ്സേ ഉള്ളൂ അവസാനം പോയി പിന്നെ ഡയബറ്റിക്സ് പമ്പ് ശക്തി കുറവാണ് അപ്പോ ഡോക്ടർ പറഞ്ഞ് ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ ഇത് ശരിക്കും പ്രവർത്തിക്കത്തില്ല ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്തായാലും പോകാൻ തന്നില്ല ഒരു തൻ്റെയുടെ അത്രയുള്ളൂ അതിനെ കുറച്ച് വിവരം കേട്ടുകൊണ്ട് അവിടെ ചെന്ന് മല കയറിയിട്ടാന്ന് മനസ്സിലായി ഞാൻ നമുക്ക് പലതവണ മല കയറിയിട്ടുണ്ട് എന്താണ് ഓരോ ചുവട് നമ്മുടെ കാല് നമുക്ക് അതിനുള്ള ഫുൾ അവയർനെസ് ഉണ്ട് അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വേണ്ട എന്നാൽ അതിന്റെ ക്ഷീണം നമ്മളറിയാം അവിടെ വായുവിന് മൊത്തത്തിൽ ഡെൻസിറ്റി കുറവാണ് ഓക്സിജം വളരെ കുറവാണ് നമുക്ക് ശരിക്കും ശ്വാസം കിട്ടും ശരീരത്തിന് കൂടുതൽ ആയാസം വന്നുകഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ ശ്വാസം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്തവരും എന്താ പറയുക കാർഡിയാകും ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്നോ ഹൃദയത്തിന്റെ പ്രവർത്തനം ിലേക്ക് ബ്ലഡ് ചെല്ലത്തില്ല അവിടെ ബ്ലഡ് ചെന്നില്ലെങ്കിൽ എന്തുവരും ഏറിയൽ മൂന്ന് മിനിറ്റ് കാരണം ഡിം ക്ലോസ് പിന്നെ ആർക്കെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അവിടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാ പോയത് മനസിലായത് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഇത് മനസ്സിലായത് ശരിക്കും അത് പ്രാക്ടിക്കലായി അനുഭവിച്ചത് ഞങ്ങളുടെ കൂടെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ മലയാളി സ്വാമിമാരൊക്കെ തിരിച്ചുപോയി ഈ വൈഷമ്യം അനുഭവിച്ചു തുടങ്ങി എന്റെ കൂടെ പിന്നെ ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല കാരണം ഡോക്ടർ ഉണ്ടായ ഡോക്ടറെ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റും എണി സി പി പക്ഷേ വേറെ ഒന്നും ചെയ്യാൻ പറ്റും എന്തായാലും വലിഞ്ഞ് കയറുക എന്ന് പറയല്ലോ വലിഞ്ഞ് വലിഞ്ഞ് വലിഞ്ഞ് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കയറും അതെന്റെ കാര്യം അതില് അസ്വാഭ്യമായിട്ടൊന്നുമില്ല കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമില്ല എന്നെ അവർ അത്ഭുതപ്പെടുത്തിയ അസൂയപ്പെടുത്തിയ കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിബത്തിലെ ആൾക്കാർ നമ്മളിങ്ങനെ കയറുമ്പോൾ അവര് വർത്തമാനം പറഞ്ഞ് നമ്മൾ ഈ റോഡില് കണക്കുന്നവരിങ്ങനെ നടന്നു പോകുന്നു കണ്ടപ്പോ വല്ലാത്ത സങ്കടവും അസൂയുമല്ലാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു മലകയറില് അവർക്ക് അത് അവരറിയുന്നേ ഇത്രയും വേച്ച അതാണ് അഡാപ്റ്റേഷനുള്ള ശീലം ഇവിടെ പറയുന്നില്ലേ അവരവിടെ ജീവിച്ച് ജീവിച്ച് ജീവിച്ച് എന്ത് ചെയ്തു അവരുടെ ശരീരമല്ല അതുമായിട്ട് ഇണങ്ങി എന്തുകൊണ്ടങ്ങനെ ഇണങ്ങുന്നത് റെവല്യൂഷന്റെ തിയറി അനുസരിച്ച് സർവൈവൽ അതിന് അങ്ങനെ സംഭവിച്ചേ മതിയാവും അങ്ങനെയാണെങ്കിലും അവർ അവിടെ ജീവിക്കാൻ കഴിയും അവരുടെ അനന്തര തലമുറ അവിടെ ഉണ്ടാകത്തുള്ളൂ ഓരോ തലമുറ കഴിയുന്നതിലൂടെ അത് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടാണ് ഇപ്പം അവർ വളരെ ഈസിയായി സ്വീകരിക്കുന്നത് നമ്മളെങ്ങനെയാണോ ഇവിടെ വർത്തമാനം പറഞ്ഞ് കൂട്ടം കൂടി സഞ്ചരിക്കുന്നത് അതുപോലെ അവർ സഞ്ചരിക്കും അവർക്ക് യാതൊരു പ്രയാസം നമ്മളാണെങ്കിലും നക്ഷത്രം എണ്ണിയാ സൂചിക്കും ശരിക്കും അതാണ് ശീലം ശീലത്തെക്കുറിച്ച് പറയുന്നത് ശാരീരികമായും മാനസികമായും എല്ലാവരും നൂറ് ശതമാനം ഫിറ്റായ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പരിണാമത്തിൽ പറയുന്നതാണ് ഫിറ്റായാൽ ആ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായി തീരുന്നതാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരതിജീവിക്കും അവരുടെ അനന്തര തലമുറ അതിജീവിക്കും കൊണ്ടവർക്കും പ്രശ്നമുണ്ട് ഇങ്ങനെ പോകുന്ന എത്രയും പേരവിടെ കാർഡിയാക് അറസ്റ്റും ഒന്നും മരിക്കാറുണ്ട് അവിടെ നിന്ന് പോകുന്നത് ധാരാളം സംഭവിക്കാറുണ്ട് നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് മുൻകരുതലെടുത്തു കഴിഞ്ഞാൽ ശരീരത്തിനും ഒരു തരത്തിലുള്ള ആയാസം കൊടുക്കാത്ത രീതി നമ്മള് എന്തു ചെയ്യണം പൂറാണ് ഒരു പൂമ്പാറ്റ പറക്കുന്നത് പോലെ അതിന് ശ്രമം കാണുമായിരിക്കും എന്നാലും ഒരു കാവ്യഭാവനെ കുറഞ്ഞ അനായാസമായിട്ട് എന്തു ചെയ്യണം അങ്ങനെ നടന്നു നടക്കാൻ ശീലിക്കണം എന്നാ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ പറ്റൂ മറ്റവർ അതിലാവശ്യമില്ല എന്തുകൊണ്ട് ശീലം ഇതനുസരിച്ച് അത് ഞാനത് എന്താ പറയുന്നത് ഇത് പൂർവ്വജന്മം കൊണ്ടിതും മനസ്സിലാക്കാൻ പറ്റില്ല ഇതുകൊണ്ട് മനസ്സിലാകുമ്പോൾ എവലൂഷന്റെ മനസ്സിലാക്കണം മറ്റത് എന്താണ് രാംചേർ കയറിയാണ് എനിക്കിങ്ങനെ ഇരുന്നുകൊണ്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ പഠിച്ചുകൊണ്ടു ആ ഒരു കാര്യം മറ്റങ്ങനെ പഠനം നടത്തിയിട്ട് പറയുന്നത് അപ്പോൾ ഈ അടുത്ത ഒരു ഇതാണ് തിബറ്റിലെ ഹൈ ആട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ജനങ്ങളെല്ലാം സ്വാഭാവികമായും ആ ജീവിതത്തിന് അവരെല്ലാം പൂർണ്ണമായും ഫിറ്റായി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ചെറിയ അളവ് ഓക്സിജൻ കൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാം നമ്മളെക്കാളും മെച്ചപ്പെട്ട രീതിക്ക് അതിന്റെ ആവശ്യമുണ്ട് അവർക്ക് അതുകൊണ്ട് വരത്തില്ല നമുക്ക് കഴിഞ്ഞ ആഴ്ച മറ്റാണ് അതിനെ കുറിച്ചൊക്കെ പടലിനൊ ആരെങ്കിലും കൈലാസയാത്രക്കൊക്കെ പോകുന്നെങ്കിൽ മനസ്സിലാക്കിയിട്ട് പോണം പ്രത്യേകിച്ചും പ്രായമുള്ളത് ചെറുപ്പക്കാർ പോയാൽ കുഴപ്പമൊന്നും പ്രായം ചെറുപ്പമാണെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമില്ല പ്രായം കൂടുമ്പരാണിതൊക്കെ പ്രശ്നമാണ് വിടെ എന്തുവരുന്നു നമ്മുടെ പൂർവ പൂർവിക തലമുറകളിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടിയ ട്രീറ്റ്സുകളൊന്നും നമ്മുടെ ചില പ്രത്യേക എന്താണ് ജീവ സവിശേഷത അല്ലെങ്കിൽ നമ്മുടെ ജൈവികമായ ഘടകങ്ങൾ അതാണ് നമ്മുടെ ശീലങ്ങളായി മാറുന്നത് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞു പൂർവ്വജന്മം വർത്തമാന ജന്മം എന്നൊക്കെ പറയും പറയുന്ന കാര്യം ശരിയാണ് ശീലം അങ്ങനെ ഒന്നും ഉണ്ട് പക്ഷെ അതെങ്ങനെ വരുന്നു എന്നുള്ള നമ്മുടെ ഈ ശാസ്ത്രങ്ങളൊക്കെ വിവരിക്കുന്ന ആ സംഭവങ്ങൾ ശരിയാണ് പക്ഷേ അതിന്റെ പിന്നിൽ അവർ പറയുന്ന കേവല യുക്തികൾ പോരാ അത് വിശദീകരിക്കുക അത് വിശദീകരിക്കുന്നതിന് കൂടുതലായി വേണ്ട എന്താണ് ഒബ്സർവേഷൻ എവിഡൻസ് അത് വേണം അങ്ങനെയാണ് ഇന്നതിന് വിശദീകരിക്കുക ആ സിദ്ധാന്തം ശരിയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ശരീരത്തെ മനസ്സിനെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇന്ന് സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ മനസ്സിലാക്കി നമ്മുടെ ശീലങ്ങളെയും നമ്മുടെ അഭ്യാസങ്ങളെയും എല്ലാം മനസ്സിലാക്കുക അതിനെല്ലാം നമ്മൾ മനസ്സിലാക്കുക പ്രധാനമായിട്ടും ഈ പറയുന്ന ബയോളജിക്കൽ എബല്യൂഷൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക അത് മാത്രമല്ല എല്ലാത്തിനോടും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ശീലം സ്വഭാവം എന്നൊക്കെ പറയും അങ്ങനെ തന്നെ മനസ്സിലായി ഇന്നത്തെ എന്താണ് വികസിത വികസിത രാജ്യങ്ങളൊക്കെ ആ തരത്തിലാണ് അവര് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നതും മനുഷ്യരിലൊരുപാട് മാറ്റങ്ങൾ കൃത്രിമമായി മാറ്റങ്ങൾ ഉണ്ടാക്കിയിടുന്നൊക്കെ അങ്ങനെയാണ് അഭ്യാസം കൊണ്ട് മാറ്റം വരുവെന്ന് തന്നെ പറയും ശീലങ്ങൾ അങ്ങനെ മാറ്റം വരുത്തിയെടുക്കും സംഗീതം മനുഷ്യൻ്റെ വരക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കും ശീലങ്ങൾ മാറ്റിയെടുക്കാം നമുക്ക് ചില ജന്മനാൾ തന്നെ ചില പോരായ്മ ചില കുട്ടികൾക്ക് വായിക്കുന്നതിന് പ്രയാസമുണ്ട് സംസാരിക്കുന്നതിന് പറയാനാണ് ഞാനൊരു പഠനത്തെ കുറിച്ച് വായിച്ചി എം എന്ന് പറയുന്ന പരിശീലനം അത്ഭുതപ്പെടേണ്ട ട്രെയിൻ ബ്രെയിൻ വിറ്റ് മ്യൂസിക് ചെറിയ കുട്ടികൾ ഇങ്ങനെയുള്ള തകരാറുള്ള കുട്ടികളെ മ്യൂസിക് വേറ്റ് അവർക്ക് കുട്ടികൾക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടോ അവർ ശരിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്താണ് അവന് സംസാരിക്കാൻ പറ്റുന്നില്ല പ്രശ്നങ്ങളാണ് മ്യൂസിക് വേറ്റ് മാറ്റിയെടുക്കുക മാറുന്നു അത് നൂറ് ശതമാനം റിസൾട്ടാണ് നമ്മളെവിടെയൊക്കെയാണെങ്കിൽ എന്തു ചെയ്യും പിള്ളേരെ വീട്ടിലിട്ട് തല്ല തല്ലിപ്പഴിപ്പിക്കും സാറന്മാർ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനും അവൻ വായിക്കാൻ പറ്റുന്നില്ല അവൻ ഇത്രയായിട്ടും വായിക്കുന്നു ഇത്രയായിട്ടും അവനെ എഴുതാൻ പറ്റുന്നില്ല തല്ലോട് തല്ലാറ അവിടെ തല്ലാറില്ല അവർ ഇതൊക്കെ ചെയ്യുന്നു മ്യൂസിക്കിലൂടെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് അതവനെ വായിക്കാൻ പഠിപ്പിക്കുക അത് കേൾപ്പിക്കുക ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് അവന്റെ ഈ എഴുത്തും വായനയും എന്ന് പറയുന്ന കഴിവില്ലാത്തത് നല്ല ശീലമായി മാറ്റി വരും അങ്ങനെയാ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അതവർക്ക് സാധിക്കുന്നത് നമ്മൾ പറയുക അവൻ പഠിച്ചില്ലെങ്കിൽ പറയും അവന്റെ വാസനയുടെ കുഴപ്പം പൊതുവെ ജന്മത്തിൽ അവൻ പഠിച്ചില്ല ഈ ജന്മത്തിൽ പഠിക്കുക അതല്ലാതവന്റെ ബ്രെയിനിന്റെ പ്രശ്നമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റാണ് ആദ്യം മ്യൂസിക് എന്ന് പറയുന്നത് എങ്ങനെ എന്താണ് സംഭവിക്കുന്നത് നമ്മളിപ്പോ പഠിക്കാത്ത പിള്ളേരിട്ട് തല്ലിക്കഴിഞ്ഞാൽ അവൻ എന്താ ഈ സങ്കടം വരും ഹാസിമവനായി സംഗീതം ആണ് അവന് സന്തോഷം വരും അതാണ് ആദ്യത്തെ മാറ്റം അവന് ക്ലാസ്സിൽ ഡൽ ആയിരിക്കുന്ന കുട്ടിയെ അവര് സംഗീതം കൊണ്ട് കൊണ്ടെത്തുകയാണ് പൂർവ്വജന്മം എന്ന് പറഞ്ഞിട്ട് കാര്യം പൂർവ്വജന്മ കിട്ടുന്ന പാവം അവനീ ജന്മത്തിൽ മണ്ടനായി പോയി അപ്പോൾ അവന്റെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുകയുള്ളൂ അതാണ് സംഭവിക്കുന്നത് ഡോപ്പമിൻ എൻഡോർഫിൻ സെറോട്ടോണിൻ പോക്സിറ്റോസിൻ ഇതൊക്കെയാണ് ഹാപ്പി ഹോർമോൺസ് ഇതെല്ലാം ഇങ്ങനെ വേഗം ചെയ്യും സംഗീതം കൊണ്ടാണ് വരുന്നത് എന്തിന് കുറച്ചുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്ത് കളയും ഒരു സയൻസായതുകൊണ്ട് ഞാൻ പറയുന്ന നമ്മളിപ്പോ ഭജൻസിയായി തന്നു നമ്മൾ എന്താ സംഭവിക്കുന്നത് ഏ നമ്മള് പറയുന്നത് ഭക്തി ഉണ്ടാവും ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞേമൂപ ആനന്ദമാണ് ഭക്തി എന്ന് പറയുന്നത് സംശയമില്ല എല്ലാവർക്കും ഇക്കാര്യത്തിൽ ആർക്കും സംശയം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കുറെ ആനന്ദിക്കാൻ നമ്മുടെ സ്ട്രെസ് എല്ലാം മാറാൻ നമ്മൾ വീണ്ടും കണ്ടി വന്നു അപ്പൊ അതിന് സത്യമാണ് എന്താണ് സാർ പരപ്രേമ വരുമ്പോൾ ഈ ഈ പരപ്രേമ എവിടുന്ന് വരുന്നു ഇത് കേൾക്കുമ്പോൾ ഈ കുട്ടികളിൽ നടത്തിയ എന്താണ് സംഭവിച്ചത് അത് നമ്മളെ സംഭവിക്കുന്നു നമുക്ക് സ്ട്രെസ് ഉണ്ട് അങ്സൈറ്റി ഉണ്ട് ഡിപ്രഷനുണ്ട് പലതുമുണ്ട് പക്ഷേ ഈ സംഗീതം കേൾക്കുമ്പോൾ എന്ത് അവിടെ ഹാപ്പി ഹോർമോൺസ് റിലീസാവുന്നവയാണ് നമ്മൾ ആനന്ദിക്കുകയാണ് അതാണ് ഭക്തി എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് പിടിക്കൂ ഇത് പുതിയ പാഠമാണ് ഒട്ടേ പഴയ പാട്ടു പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷെ ശരിക്കും അവിടെ ഡോക്യുമെന്റ് റിലീസാവുന്നതാണ് നമ്മൾ ആനന്ദിക്കുക നമ്മുടെ ആൻസൈറ്റി മാറും ഡിപ്രഷൻ മാറും കുറച്ച് സമയത്ത് അതല്ലേ ഏറ്റവും വലിയ തെളിവാണ് ഭജൻ സ്വയം പാടുകയോ അല്ലെങ്കിൽ ഭജൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ആനന്ദം എന്ന് പറയുന്നത് എത്ര സമയത്തേക്കും അവിടെ ഇരിക്കുന്ന ആ സമയം അവിടെ നിന്നും പുറത്തോട്ടിറങ്ങിയാലോ ഡോക്യുമെന്റ് റിലീസാകുന്ന അവിടെ സ്റ്റോപ്പാകും വീണ്ടും മനസ്സിലേണ്ടി വരും ആൺസൈറ്റി വേണം കിടന്നു വീണ്ടും ഡിപ്രഷൻ കിടന്നു അപ്പൊ ശരിക്കും നമ്മൾ അവിടെ നടക്കുന്ന എന്താണ് ഇവിടെ ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ മനസ്സിലാണ് ശരി വീണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് ആൻസൈറ്റിയൊക്കെ മാറിയെന്ന് സന്തോഷിക്കുന്നു വീണ്ടും നമ്മൾ തെറ്റുകയും വീണ്ടും ഡോക്ടർ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നും ഭയങ്കര ഇഷ്ടം പ്രേം പ്രണയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്താ എന്താ നിങ്ങളെ ബ്രെയിനിൽ സംഭവിക്കുന്നത് ലവ് ഹാർമോൺ റിലീസാവുന്നതാണ് ടോക്സിറ്റോസിഡ് അത് റിലീസാവുന്നതാണ് അതങ്ങ് നിന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെയും ആത്മാവ് പൊള്ളലും ഇത് ആരും എന്തെങ്കിലും ഇതിന് ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്തുകൊണ്ട് ഹാർമോൺ റിലീസാവുന്നില്ല ഇത്രയും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യും പ്രണയം നഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്യും പ്രണയം നഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ആശ്രമത്തിൽ പോകും പോകത്തില്ല എന്തുകൊണ്ട് ഇത്രയും മനസ്സിലാക്കിയത് അത് ഓക്സിറ്റ് ഓക്സിജൻ റിലീസാവും ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ട് ഇത്രയുള്ള സംഗതി ഹാപ്പി ഹാർമോൺ ലവ് ഹാർമോൺ ആണ് ഇതൊക്കെ വളരെ സ്റ്റഡി നടത്തി ഒബ്സർവേഷൻ നടത്തി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കഥയല്ല മാം ചേർത്തിയറിയല്ല ശരിക്കും ബ്രെയിൻ പഠിച്ച് അതെന്താ സംഭവിക്കുന്ന മനസ്സിലാക്കിയാണ് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലുള്ള ട്രാൻസ്മിറ്റേഴ്സ് ആണ് അതങ്ങനെ പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ഉടനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിൽ എത്രമാത്രം ആനന്ദം ഉണ്ടാകുന്ന പറയുന്ന പരിശോധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നതാണ് ഈ ഹാർമോൺസിലെ രസമായിരിക്കുന്നത് ഈ ട്രാൻസ്മിറ്റേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂറോൺ ട്രാൻസ്മിറ്റേഴ്സ് നമ്മളെ ബ്രെയിനിനകത്തുള്ളത് നയന്റി ബില്യൺ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ന്യൂറോൺസാണ് അതിനകത്ത് കിടക്കുന്ന പ്രവൃത്തികളാണത് അതുകൊണ്ട് ശീലങ്ങൾ അങ്ങനെ ഉണ്ടാവും അപ്പോ നമ്മുടെ ഈ ഡോക്യുമെന്റ് റിലീസാവുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും എപ്പോഴും എപ്പോഴും വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും അത് കേൾക്കണമെന്ന് തോന്നുന്നു അവിടെ പോയിരിക്കുന്നു നമ്മൾ ആനന്ദിക്കുന്നത് ആനന്ദമാണ് ഭക്തി എന്ന് പറയുന്നത് ഒരു ശതമാനം ശരിയാണ് പക്ഷെ നമ്മുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയണമെങ്കിൽ നാടക ഭക്തിസൂത്രം വായിച്ചാൽ മനസ്സിലാവും അത് നമുക്ക് മനസ്സിലാവില്ല അത് നമുക്ക് സ്വയം വായിച്ച് ഇനി ഞാനീ പറയുന്നതൊക്കെ എന്റെ അല്പമായ അറിവാണ് കാരണം ഞാനിതിനൊന്നും ട്രെയിൻഡല്ല എന്റെ ട്രെയിനിങ്ങൊക്കെ വ്യാകരണത്തിലും തർക്കത്തിലും മീമാംസയിലും വേദാന്തത്തിലുമൊക്കെ വിചാരിച്ചതിന്റെ അറിവ് അബദ്ധമല്ല ഇതും ഒരു പൊതുവായ അറിവാണ് നിങ്ങൾക്ക് കൂടുതലും അതിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പല പലതുമുണ്ട് എന്നാലും ഒരു ഹാർവാറുടെ മെഡിസിൻ എന്ന് പറഞ്ഞത് മാഗസിനാണ് നെറ്റുകിട്ടും വായിക്ക വിശദമായിട്ടതിനൊക്കെ ചിലപ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായ കാര്യം ഞാൻ പറയാം ഇത് അബദ്ധമല്ലാന്ന് പറയാൻ വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് പരിണാമപരമായി മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നമുക്കൊരു വെളിച്ചം വരും അല്ല നമ്മുടെ ശാസ്ത്രങ്ങളിലൂടെയും മനസ്സിലാക്കാം നമ്മുടെ ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നതിനപ്പുറം ഇതിനോക്കുന്നെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള എന്റെ ഒരു ചെറിയ ശ്രമമാണ് ഞാനീ പറയുന്നത് ഞാനൊരു എക്സ്പെർട്ടല്ല എന്ന് ഞാൻ ആണായിട്ട് പറയാണ് കാരണം എന്നെക്കാളും വിദ്യാഭ്യാസം വരാന്നു നിനക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും വായിച്ചു നോക്കുക ും മെഡിസിൻ ഒന്നല്ല ഞാൻ എന്റെ മനസ്സ് ഓർമ്മ വന്ന ഒന്നേ ഉണ്ട് ഒരുപാടുണ്ട് അത് എന്താണ് ഓരോന്നിനും പ്രത്യേകതയുള്ളു ചിലയിടത്ത് കൂടുതലും ചർച്ച ചെയ്യുന്നതിന്റെ സയൻസ് ആയി ചിലയിടത്ത് കൂടുതലും ചർച്ച ചെയ്യുന്ന എന്റെ ഫിലോസഫി ആയി ചിലയിടത്ത് രണ്ടും കൂടെ ചേർത്ത് ചർച്ച ചെയ്യും പലതരത്തിലാണ് ഇതിന് പല വശങ്ങളും സയൻസിന്റേതായ ഒരു ഭാഗമുണ്ട് അത് കൂടുതലും അങ്ങോട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസം ചിലടത്ത് ഫിലോസഫി പറയും അത് കുറച്ചുകൂടെ എളുപ്പമാണ് കാരണം നമ്മുടെ ഒരു ബീലാണോ കൂടി ചേർത്ത് പറയും സയൻസ് ഫിലോസഫി അതൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് അങ്ങനെയുള്ള ഒരു പൊതുവിജ്ഞാനം അതാണ് ഞാനീ പറയുന്നത് അതാ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മൾ ട്രെയിനിങ് ഉള്ളവർക്കും മനസ്സിലാവും ഇന്ന മനസ്സിലാവും പക്ഷെ പറയുന്ന അവധമാണെന്ന് ധരിക്കില്ല നിങ്ങൾക്കത് കാരണം ഇന്ന് ഇന്നത്തെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സയൻസിന് ഒരു കോമൺ മാൻ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതിയിടും പഴയതുപോലല്ല പണിനീയം അത് സാധാരണക്കാരന് മനസ്സിലാക്കണം ഒരു വഴി അത് മനസ്സിലാക്കണം എന്ത് വേണം അത് തന്നെ പഠിക്കണം പണ്ഡിതന്മാർക്കത് മനസിലാക്കണം എത്രയോ പണ്ഡിതന്മാരത് കൈകാര്യം ചെയ്ത് അവരൊരിക്കലും ഒരു സാധാരണ മനുഷ്യനത് മനസ്സിലാകണമെന്ന് വിചാരിച്ചവരൊന്നും ചെയ്തു ട്രഡീഷൻ ആയിട്ടൊന്നും ചെയ്തു ഇന്നത്തെ കാലത്ത് പക്ഷെ സയൻസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവര് സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചവർ ഒരുപാട് എഴുതിയിടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കും എവല്യൂഷനെ കുറിച്ചും ബ്രെയിനിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും ഒന്നും ആഴത്തിലുള്ള ഒരു അറിവല്ല എന്നുള്ള ബോധ്യം വേണം നമ്മുടെ അല്പമായ അറിവാണ് പക്ഷെ അല്പമായ അറിവാണെങ്കിലത് ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള അവസരം കൊണ്ട് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് ശീലങ്ങളെല്ലാം വരുന്നു പക്ഷേ അത് നമ്മളും മനസ്സിലാകും നമ്മുടെ എല്ലാ അനുഭൂതികളും എന്താണ് നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെടുത്തി മനസ്സിലായിട്ട് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ടത് പറയുന്ന ത്യാഗുമാരം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത് കൊച്ചുകുട്ടികളും പണ്ഡിതന് അതാണ് ഈ കുട്ടികളുടെ പരീക്ഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കുട്ടികളിൽ പോലും എന്ത് ചെയ്യുന്നു ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുത്തിപ്പോ അവരുടെ വലിയ മാറ്റം വരുന്നു കഴിവില്ലാത്ത കുട്ടികൾക്ക് കഴിവുണ്ടോ പൂർവ്വ ജന്മത്തിൽ നിന്നും കൊണ്ട് ഈ ജന്മത്തിൽ ചെറിയ പ്രായത്തിൽ പരിശീലനങ്ങൾ കൊടുത്ത് കുട്ടികളെ മാറ്റിയെടുക്കും അതാണ് ശീലം ഇല്ലാത്ത കഴിവുകളുണ്ടാക്കിയെടുക്കുന്നത് കാരണം എനിക്കിപ്പോണാവിശ്വാസം എവല്യൂഷൻ എന്ന് പറയുന്നത് പ്രകൃതിയിൽ സ്വാഭാവികമായി വന്നുകൊണ്ടിരുന്ന ഇപ്പൊ മനുഷ്യനത് ഈ കൈകടത്താൻ മനുഷ്യന്റെ സംഭാവനകളുമുണ്ട് അവനും മാറ്റുന്നുണ്ട് ജനറ്റിക്സ് ജിനോമിക്സ് എന്നൊക്കെ പറയുന്ന ശാസ്ത്രങ്ങൾ അതാ ചെയ്യും ജീനോമിക് സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നു പരിണാമത്തിൽ മനുഷ്യൻ കൈകടത്ത അതാണ് ഈ പറയുന്നത് അപ്പം ജനിച്ചപ്പോ അങ്ങനെ ജനിച്ചവോ അവന് ശേഷിയില്ല അവനെന്ത് ചെയ്യുന്നു ശേഷിയുള്ളവനാക്കി മാറ്റുന്നു പരിണാമത്തിലുള്ള ഒരു കൈകടത്തലാണ് അതുകൊണ്ടിത് സർവസാധാരണമായി കാണുന്നു എന്ന് പറയുന്നത് സത്യമാണ് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഇന്നത്തെ രീതിയിൽ മനസ്സിലാക്കണമെന്ന് ഞാൻ കൂടുതലായി പറഞ്ഞു ശുഭവാസനയായുക്ത തവഭൂതയെ പരം പൗരുഷമാശ്രിത്യ വിജിത്യ ഇന്ദ്രിയ പഞ്ചകം ശുഭവാസനയായുക്ത അത്ര ഭൂതയെ ഭവ ഭൂതി എന്നൊക്കെ പറഞ്ഞ കൂടെ മുക്തിയെയാണ് ഉദ്ദേശം ശുഭവാസനയോടുകൂടി ഇവനാണെങ്കിൽ അത് എന്ത് വരുന്നത് ഈ ജന്മത്തിൽ തന്നെ അത്രാന്ന് ഈ ജന്മത്തിൽ തന്നെ മോക്ഷത്തിന് ഉപകരിക്കുക ശരിയാണ് നല്ല വാസന അവന് ആധ്യാത്മികമായും അതിന്റെ പാരമ്യത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് പറയും അതിന് പരം പൗരുഷമാശ്ര വിജിത്യപഞ്ചകം ഇന്ദ്രിയ പഞ്ചകം വിചിത്യ പഞ്ചേന്ദ്രിയങ്ങളെയും ജയിച്ച ആത്മനിയന്ത്രണം മനോനിയന്ത്രണം അത് വേണമല്ലോ മനുഷ്യൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം അമ്പലം പൗരുഷമാശ്രയിച്ച പരവുമായ പൗരുഷത്തെ ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യണം പൗരുഷത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കണം ഈ പൗരുഷത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു ആവർത്തിച്ച് അവർക്ക് പറയുന്ന ഒരു കാര്യം പഴയകാലത്ത് ഇതൊക്കെ പുരുഷവേന്ദ്രീകൃതമായിട്ടാണ് നടന്നത് അതുകൊണ്ടാണ് ഈ പൗരുഷ ശബ്ദം വരുന്നത് ഈ പുരുഷ ശബ്ദം അങ്ങനെയല്ല പുരുഷ ശൈതി പുരി എന്ന് പറഞ്ഞാൽ ദയവ് പുരിയിൽ സഹിക്കുന്നവനാണ് പുരുഷൻ ആത്മാവ് അത് ശരീരത്തിന് പുരി എന്ന് പറയുന്നുണ്ട് അവിടെ പുരുഷം എന്ന് പറഞ്ഞാൽ കുഴപ്പം പക്ഷെ പൗരുഷം എന്ന് പറയുമ്പോൾ എന്താണ് അത് ആ ശബ്ദം വരുന്നത് നിഷ്കളമ്പമായി വരുന്ന ഒരു ശബ്ദമുണ്ടാവും പുരുഷ സംബന്ധി നാം പുരുഷശീലം പുരുഷ സംബന്ധി എന്നാണ് കാരണം ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ആരാ ചെയ്തിരുന്നത് പക്ഷെ വാസിഷ്ഠത്തിൽ സ്ത്രീകളും വരുന്നുണ്ട് നല്ല ടൈംസൊന്നും മാറിപ്പോകത്തില്ലല്ലോ വാസിഷ്ഠത്തിൽ ആത്മീയതയും പുരുഷനെക്കാളും വലിയ സ്ഥാനസ്ഥേക്ക് കൊടുക്കുന്നുണ്ട് അതിന് വരുന്ന ഭാഗമാണ് പക്ഷെ ഞാൻ പറയുന്ന ആ ശബ്ദം എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്നാണ് പൗരുഷം എന്ന് പറയുന്ന ശബ്ദം എങ്ങനെ വരുന്നു ആ അതീ പുരുഷ ശബ്ദത്തിൽ നിന്നൊന്നാണ് പുരുഷൻ ആത്മാവെന്നുള്ള അർത്ഥത്തിലുള്ള പുരുഷ ശബ്ദത്തിൽ നിന്നല്ല ആണ് എന്നൊക്കെ പ്രശ്നപ്പെടുത്തി നമുക്ക് പുരുഷം ഇന്ന് ഇത്തരം ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ലിംഗവിവേചനവും സംസ്കൃതത്തിൽ കുഴപ്പമില്ല സംസ്കൃതം ആർക്കും അറിയത്തില്ല പൊതുവെ നമ്മുടെ ഭാഷയിൽ ഇന്നൊരു ീ പ്രചാരത്തിലുള്ള ഒരു ആശയമാണ് ഓക്കിസം കേട്ടിട്ടുണ്ട് ഓക്കിസം കേട്ടിട്ടില്ല അതായത് ഒരു രണ്ടായിരത്തി ശേഷം യു എസിലാണ് പ്രചാരം തുടങ്ങി ഇന്നിപ്പോ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഒരു കാലത്ത് അറുപത് എഴുതുകളിലൊക്കെ ഹിപ്പി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായി വളരെ അതുപോലെ ഒരു തീവ്ര ലെഫ്റ്റിസ്റ്റ് ഗ്രൂപ്പാണ് ഓക്കസ്റ്ററും തീവ്ര ഇടതുപക്ഷം എന്താ പറയുക തീവ്ര ഇടതുപക്ഷമാണ് നമ്മൾ പറയുന്നത് നക്സൽ അവര് ആയുധം കൊണ്ട് പോരാടുന്നത് യു എസിനും മറ്റും അതിന് യാതൊരു സ്കോപ്പുമില്ല അതുകൊണ്ട് ആശയം കൊണ്ട് പോരാടുന്നുണ്ട് അവരിന്ന് എല്ലാ അവര് യു സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ എലോൺ മസ്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അയാൾ പറഞ്ഞു അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം ഹോക്കിസം ഒരു വൈറസ് പോലെ പടരുകയാണ് ഒരു ചെറിയ ഉദാഹരണം പറയും എന്റെ മനസ്സ് ഓർമ്മ എന്ന് പറഞ്ഞു പഴയകാലത്ത് നമ്മള് ഇന്നും നമ്മൾ വളരെ അഭിമാനത്തോട് കൂടി പറയും അമേരിക്കയിൽ പോയിട്ട് തുടങ്ങി എങ്ങനെയാണ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അങ്ങനെ അങ്ങനെ അല്ലേ പറഞ്ഞു അപ്പൊ നീണ്ട കയ്യടിച്ച് കയ്യടി നിർത്തിയിട്ട് പ്രസംഗിക്കാൻ പറ്റും അങ്ങനെ എന്തോ പറഞ്ഞു അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ ഇന്ന് അമേരിക്കയിൽ പോയി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേജ് ഓക്കെ ഉണ്ടെങ്കിൽ അവർ കല്ലറിയില്ല നെയ്യും പോവുന്നില്ല ഇന്നതവിടെ പറയാൻ പാടില്ല പിന്നെ ഇന്ന് എന്ത് പറയണം ഹായ് എവരുവാണ് ഇത്ര പറയാം വ്യത്യാസം മനസ്സിലായി ഇതേ പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി മനസ്സിലായി എന്താ എന്റെ വ്യത്യാസം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അവിടെ ലിംഗവിവേചനമാണ് എന്ത് ആണ് പെണ് ഇത് പാടില്ല അങ്ങനെ പറയാൻ പാടില്ല നമ്മളിന്നും വലിയ ജമയിൽ നിന്നൊക്കെ പറയും സഹോദരി സഹോദരന്മാര് ഓഗസ്റ്റുകൾ കേട്ട് കഴിഞ്ഞാൽ പോകും ഇന്ന് അമേരിക്കയിൽ അങ്ങനെ ഇവരെ പേടിച്ചാലും പറയാറില്ല എവരി ഓണം ഇങ്ങനെ പറഞ്ഞാൽ തീർന്നു ഒരു പരാതി ഇല്ലാത്ത എവരിവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെ പെണ്ണുണ്ടല്ലോ ഇതുപോലെ സർവകക്ഷി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അത് അതും ഒരു വിഷയം മാത്രമാണ് ഇതുപോലെ നിരവധി വിഷയങ്ങൾ എന്തിനാ അവര് ഹോളിവുഡിൽ പോലും പേര് കൈവട ഇന്ന് ഡയലോഗുകൾ അതിപ്പോ കേരളം നമ്മുടെ മലയാള സിനിമകളിൽ തന്നെ വന്നു മലയാള സിനിമയിലൊരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം നമ്മൾ പറഞ്ഞ ഡയലോഗുകൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പറഞ്ഞ ഡയലോഗുകൾ അതൊക്കെ സ്ത്രീ വിരുദ്ധമാണെന്ന് പറഞ്ഞു ഇന്ന് ഇനി ക്രിറ്റിസിസം നടക്കുന്നുണ്ട് അത്തരം അയലോകളൊന്നും പ്രയോഗിക്കാൻ പാടില്ല ഇവിടെ ഇന്ന് എഴുതാറുമുണ്ട് പറയാറുമില്ല ഒരുപാട് മാറി അങ്ങനെ ഒരു ഷണ്ടനാണെന്ന് പറഞ്ഞാൽ തീർന്നു അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കാനേ പാടി അതെന്താണ് എൽ ജി ബി ടി പ്ലസ് അവർക്കെതിരാണ് ഇങ്ങനെ അഭിപ്രായം നടത്തി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനമായൊരു അപകടം അവർ ഓക്കസ്റ്റോടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രീതിയാണ് നമ്മളറിയുന്ന നിങ്ങളുമൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്താണ് ക്യാൻസർ കൾച്ചർ അങ്ങനെ പറയുന്നവരൊരു ബഹിഷ്കരിച്ചത് അവരുടെ സിനിമ കാണിക്കല്ല അവരുടെ പങ്കെടുക്കത്തില്ല അവര് ബഹിഷ്കരണമാണ് അവരുടെ വെടിവെച്ച് കൊല്ലുക അത് വലിയ അപകടകരമാണ് ഒരു ഫിലിമൊക്കെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി അവരുടെ പ്രചാരങ്ങൾ അതുകൊണ്ട് ആ ഒരു ടെൻഡൻസി കേരളത്തിലും വരുന്നുണ്ട് സൂക്ഷിച്ച് സംസാരിക്കും പിന്നെ എ പി സം വന്നു പറഞ്ഞു ചിലപ്പോൾ അത് പ്രചരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക എന്നുള്ളതാണ് വാക്കിന്റെ അർത്ഥം ഇതിനെയൊക്കെ അവർ കാണുന്നത് എന്താണോ വലിയ അനീതിയായിട്ടാണ് വിവേചനമായിട്ടാണ് ഇതിനെതിരെ സംഘടിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരാശയത് പലപ്പോഴും അസഹനീയമായ രീതിയിൽ മാറുന്നുണ്ട് അതുകൊണ്ട് അതിനെതിരായിട്ടവിടെ ശക്തമായ വിമർശനമുണ്ട് ഒന്നും വായടുത്ത് പറയാൻ വയ്യാത്ത രീതിയാണുണ്ട് അപ്പം നമ്മൾ സാറിന് പറഞ്ഞു പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ നമ്മളെ അറിയാതെ നമ്മൾ വായു ചില പദങ്ങൾ വീണുപോകും പക്ഷേ നമ്മൾ അറിയാതെ പറഞ്ഞു എന്ന് കാര്യമില്ല പറഞ്ഞു തീർന്നു ശരിക്കും പറഞ്ഞാൽ ഈ എന്നുള്ള വാക്കും അവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ എഴുതി വെക്കും മെൻ അറ്റ്വർക്ക് പലയിടത്തും കാണും നോർത്ത് ഇന്ത്യയിലെന്ന് എല്ലായിടത്തും കാണും അവിടെ മെൻ എന്ന് ഉപയോഗിച്ചു അവിടെ മെൻ എന്ന് ഉപയോഗിക്കുമ്പോൾ പീപ്പിൾ എന്ന് എഴുതിയിക്കും അറ്റ്വർക്ക് മാൻ മെയ്ഡെന്ന് നമ്മൾ പറഞ്ഞുപോയാൽ സംഭാഷണത്തിൽ തീർന്നു എന്തു പറയണം ഹ്യൂമൻ മെയ്ഡ് മാൻ കൈൻഡെന്ന് പറഞ്ഞാൽ പോരാ ഹ്യൂമൻ എന്ന് പറയും അങ്ങനെ എല്ലാവരും മാൻ എന്ന് പറയുന്ന ഒരു വാക്ക് മെൻ എന്ന് പറയുന്ന ഒരു വാക്ക് സിംഗിൾഡറായിട്ടോ ഫ്ലോറായിട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ പിടിക്കും പിടിച്ച് കൊടയും അപ്പോ ആർക്കും ഇന്നൊക്കെ പൊതു പൊതു പൊതുവേദി കയറി ഇന്ന് സംസാരിക്കണം പേടിക്കണം അവിടുത്തെ പൊളിറ്റീഷ്യന്മാർക്കൊക്കെ ഇതിനു ക്ലാസ് കൊടുക്കാനും തന്നെ ആൾക്കാർ കാരണം നമ്മൾ ശരി നമുക്ക് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റില്ല അത് മലയാളത്തിലും വന്നു നിങ്ങൾ അറിയുന്നില്ല നിങ്ങളെ മനുഷ്യ നമുക്ക് പറഞ്ഞാൽ പറയാമോ ആ നമ്മൾ സാറിന് അങ്ങനെ പറയാം എന്നാ കുഴപ്പമില്ല ഹ്യൂമൻ പക്ഷെ മാൻമെയ്ഡെന്ന് നമ്മൾ പറയാറില്ല ആർട്ടിഫിഷ്യൽ എന്ന് ഉപയോഗിക്കാനും കുഴപ്പമൊന്നുമില്ല മാൻമെയ്ഡ് മൊത്തം ഉപയോഗിച്ചിട്ട് എന്താ പറയുന്നു ആർട്ടിഫിഷ്യൽ എന്ന് ഉപയോഗിക്കാനും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ആ മാൻ മെൻ എന്ന് വരുമ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ അത് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ് എല്ലാം പണ്ട് ചെയ്തതിന് പകരം കിട്ടുന്നു എന്ന് കണക്കാക്കുകയാണ് പക്ഷെ അത് സഹിക്കാൻ പറ്റില്ല പലപ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും